m mm. സ്മരോ വസ്മാരൻ സ്മരന്തോനത്തെ കയുരന്നീരൻ പുതിശൂൻ സ്മരമുതിരം ബ്രഹ്മേസ്ത ഗം തമ്മചാരോഭവേസ്മരം ഉപാസ്തേ സ്മരാ ഭ സ്മരോകാശോഭൂ സ്മരണ സ്മരോ അന്ധകർണധർമ്മ സ്മരം എന്ന് പറഞ്ഞാൽ സ്മരണമാണ് അത് അന്ധക്കരണ ധർമ്മമാണ് മുമ്പ് അന്ധക്കരണ ധർമ്മത്തെ കുറിച്ച് പറഞ്ഞു ആദ്യം മനസ്സിനെ കുറിച്ച് പറഞ്ഞു ചിത്തത്തെ കുറിച്ച് വിജ്ഞാനം ഇനിയിപ്പോ ആശയെ പറയാൻ പോകുന്നു ഇതെല്ലാം അന്ധക്കരണ ധർമ്മങ്ങളാണ് ഇതിനിടയ്ക്ക് പഞ്ചഭൂതങ്ങൾ വന്നു ആദ്യം വിജ്ഞാനം വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു ഇടയ്ക്ക് വന്ന വിഷയം മാറി അത് കഴിഞ്ഞ് വീണ്ടും അന്തക്കണ് ധർമ്മത്തിലേക്ക് വരുന്നു ഇടക്ക് മറ്റു ചില വിഷയങ്ങൾ വന്നു അതുകൊണ്ടിതൊരു തുടർച്ചയല്ല തുടർച്ചയാണെങ്കിൽ ഇത് നല്ല ഒരു ഭാഗത്ത് വിജ്ഞാനം മനസ്സ് ചിത്തം അതിനോടൊപ്പം വരണം സ്മരണം കാരണം അത് എല്ലാം ഒരുമിച്ച ഒരു നമ്മുടെ ഭൂതങ്ങളെല്ലാം വേറെ ഒരുമിച്ച് ഇവിടെ അങ്ങനെ ഒരു ക്രമത്തെ സ്വീകരിക്കുന്നു അങ്ങനെ തുടക്കത്തിൽ പറഞ്ഞത് അങ്ങനെ ഒരു ക്രമത്തെ നമ്മൾ ോക്കിട്ട് കാര്യമില്ല അല്ലെങ്കിൽ പിന്നെ ആകാശം കഴിഞ്ഞ് പിന്നെന്താ സ്മര സ്മരണയെക്കുറിച്ച് പറഞ്ഞത് സ്മരണ ചിത്തത്തോട് ചേർന്ന് വരേണ്ടതാണ് അല്ലെങ്കിൽ മനസ്സിനോട് വിജ്ഞാനത്തോട് ചേർന്ന് വരേണ്ടതാണ് ചോദിക്കും അന്ന് സമാന സ്വഭാവമുള്ളത് ഒരു ക്രമത്തിൽ വരണം പക്ഷേ ഉപാസനയെ സംബന്ധിച്ച് അങ്ങനെ ഇല്ല പറഞ്ഞു ഉപാസന അത് അവ്യവസ്ഥിതമായി അങ്ങനെ ഒരു വ്യവസ്ഥിതിൽ പല ഭാഗങ്ങളിലും കണ്ടുപിടിക്കാൻ പ്രയാസമാണ് അതുകൊണ്ട് പഞ്ചഭൂതങ്ങളിൽ നിന്ന് വേറിട്ട് ഇവിടെ വന്ന് അതുകൊണ്ട് എടുത്തു പറയുന്നത് സ്മരണമെന്ന് പറയുന്ന അന്ധക്കരണ ധർമ്മമാണോ സാകാശാദ് ഭൂയ ിംഗവ്യത്തിയന സ്മരഹ പുല്ലിംഗമാണ് ഭൂയഹ എന്നല്ല ഭൂയാൻ എന്ന് പറയാൻ എന്ന് പറയണ്ട ഭൂയഹ എന്ന് പറയുന്നത് നമുക്ക് പറയുന്നത് ശരിയല്ല പുല്ലിംഗത്തിൽ പറയണന്നോ സാകാശാത് ഭൂന ദീൻ ലിംഗപെത്തിയേന സ്മർത്തോസ്മരണേഹി സത്യാകാശാദി സർവം സ്മരണവതോ ഭവൻ സ്മർത്തവോ ജീവൻ എന്നടക്കും സ്മരിക്കുമ്പോൾ സർവവും പ്രപഞ്ചത്തിലുള്ള സർവവും സർവവിഷയങ്ങളും സ്മരിക്കുമ്പോഴത് അർത്ഥവത്താകുന്നു മനസ്സിലില്ലെങ്കിൽ അതിന് പിന്നെന്ത മനസ്സിലുണ്ടെങ്കിലേ ഇതിനെല്ലാം പ്രയോജനമുണ്ട് ഇതെല്ലാം പുരുഷാർത്ഥത്തിന് ഉപകരിക്കത്തുള്ളൂ ഇല്ലെങ്കിൽ അതില്ലാത്തവന് സമ സ്മരണവതോ ഭോഗ്യത്വോ സ്മരണ ഉള്ളവനാണിതെല്ലാം ഭോഗ്യവിഷയമായിത്തീരുന്നത് അത് സ്മരിക്കുന്നു പിന്നെ അതിനെ അനുഭവിക്കുന്നു ഏതെങ്കിലും സർവ്വവിഷയങ്ങളെ സംബന്ധിച്ചും അതാണ് നിയമം അസത്യസ്മരണേ സതപ്പി അസദൈവ ഒരു വസ്തുവുണ്ട് പക്ഷെ സ്മരിച്ചില്ലെങ്കിൽ ജീവൻ എന്താകും അതില്ലാത്തതുപോലെ തന്നെ അസദൈവ ഇല്ലാത്തതന്നെ ഏതെങ്കിലും ഒരു വസ്തു ഉണ്ടെങ്കിൽ സുഖത്തിനോ ദുഃഖത്തിനോ കാരണമായ ഒരു വസ്തു ഉണ്ടെങ്കിൽ സ്മരിക്കുന്നു സ്മരണത്തെ തുടർന്ന് പിന്നെ അത് ആഗ്രഹിക്കാം പ്രവർത്തിക്കാം പ്രാപിക്കാം സ്മരിച്ചില്ലെങ്കിലോ കൊടുത്തു സതപ്യസദവ ഉള്ളതാണെങ്കിലും അസത്ത് തന്നെ ആ ജീവനെ സംബന്ധിച്ച് നിർത്തും സത്വുകാരി അഭാവ അത് സത്വകാര്യം അല്ലാതെ വരുന്നു സ്വർഗത്തെ കുറിച്ച് അറിയാം പക്ഷെ സ്മരിച്ചില്ലെങ്കിൽ അറിവ് കൊണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല സ്മരിച്ചാലുടനെ ആഗ്രഹം ഒരു സ്വർഗത്തെ പ്രാപിക്കുന്നു പ്രവർത്തിക്കും അല്ലെങ്കിൽ അതില്ലാത്തതുപോലെ ഒരു വിഷയം ബുദ്ധിയിലേക്ക് കടന്നു വരുന്നു അതാണ് അതിൻ്റെ സ്മരണം തുറന്നത് ആ സ്മരണ സർവത്തിനും ഭേതുവാകുന്നു അത ആ സ്മൃതിയുടെ പ്രാധാന്യത്തെ കാണിക്കുകയാണ് നാവി സത്വം സ്മൃത്യഭാവി സത്യം ആകാശാദീന അവഗന്ധും ഇത്യ സ്മരണാദ്ശത്തിനും അപ്പുറമാണ് സ്മരണമെന്ന് പറഞ്ഞു ആകാശത്തെക്കാൾ എന്താ അതിന് മേന്മയുള്ളത് ശ്രേഷ്ഠത അല്ലെങ്കിൽ മഹത്വം എന്താ ആകാശത്തെക്കാളും ഉള്ളത് അല്ലെങ്കിൽ ആകാശം ഉപാസിച്ചിട്ട് പിന്നെ അതിലും അപ്പുറമായിട്ട് എന്താ സ്മൃതിയെ ഉപാസിക്കാൻ ആകാശം സർവവ്യാപകമല്ലേ അതിൽ അവസാനിപ്പിച്ചപ്പോലെ പറയുന്നു ആകാശാദിനാൽ സത്വം അവഗന്ധു സ്മൃത്യഭാവേ നൈസഖ്യം സ്മൃതിയില്ലെങ്കിൽ ആകാശത്തിൽ കൂടി സ്മരിക്കാൻ പറ്റത്തില്ല ആകാശത്തിന്റെ തത്വം സ്മരിക്കാൻ സാധ്യമല്ല ഇത്യതഹ സ്മരണസി ആകാശഭു അതുകൊണ്ടെന്താണ് സ്മരണം ആകാശത്തേക്കാൾ അധികമാണ് ആകാശ ഉപാസനയ്ക്കും അപ്പുറമാണ് സ്മൃതിയുടെ ഉപാസന ആകാശവും സ്മൃതിയിലൂടെയാണ് തത്വമായി തീരുന്നത് ദൃശ്യദേഹി ലോകസി ഭൂയസ്വം മഹത്വം ഇതിനെല്ലാം ഉപരിയാണ് സ്മരണ എന്നുള്ളത് കാണപ്പെടുന്നുണ്ടെങ്കിൽ സമുചിതബോ ഏകസ്മിൻ ആസീലൻ തന്യൂന്യഭാഷിതമിനേ ശബ്ദം ഒരുപാട് പേര് ഒരുമിച്ചിരുന്നു സംസാരിക്കുന്നു അത് സ്മരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അവിടെ ഒന്നും ആരും കേൾക്കുന്നില്ല കാണുന്നില്ല ചിന്തിക്കുന്നില്ല അറിയുന്നില്ല സ്മരണം നഷ്ടപ്പെടുന്ന അസുഖമുണ്ടല്ലോ ആ നഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിയെ സംബന്ധിച്ച് എല്ലാം ശുചിഞ്ഞ എന്തെങ്കിലും അനുഭവത്തിൽ ഉണ്ടെങ്കിൽ തന്നെ അതിന് പരസ്പര ബന്ധം ഇല്ലാതും വ്യവഹാരം അസാധ്യമായി തീരും സ്മൃതിയുടെ പ്രാധാന്യം വിസ്മൃതി വന്നു കഴിഞ്ഞാൽ വ്യവഹാരം സാധ്യമുണ്ട് അവ്യവസ്ഥിതമാണ് ജീവിതം തന്നെ കുറച്ചുപേരൊരുമിച്ചിരുന്നു ആസീന അങ്ങനെയിരിക്കുന്നവർ അന്യോന്യ ഭാഷ സ്മരന്തരം സംസാരിക്കുന്നു പക്ഷെ സ്മരിക്കുന്നില്ലെങ്കിലോ ദൈവത്തെ ശബ്ദശിനി അവരൊന്നും കേൾക്കുന്നില്ല മന്യൂരൻ മനനം ചെയ്യുന്നില്ല മന്തവ്യം ചെയ്ത് മനം ചെയ്യേണ്ടതാണെങ്കിൽ അത് സ്മരിക്കണം സ്മരിക്കാതെ എങ്ങനെ മനനം ചെയ്യാൻ പറ്റും അതാ മഞ്ഞീരൻ സ്മൃത്യഭാവുന്ന മഞ്ഞീരൻ അവർ മനനം ചെയ്യുന്നില്ല തഥാന്ന് വിജാനീരൻ ഒന്നും അറിയുന്നില്ല അതൊരു ശൂന്യതയാകും കാരണം ബുദ്ധി ആശ്രയിച്ചിട്ടാണ് ഈ നിസ്സാരമെന്ന് കരുതുന്നു ഈ ബുദ്ധി സർവവും നടക്കുന്നു ബന്ധവും മോക്ഷവും ഈശ്വരന്റെ അസ്തിത്വം ഈശ്വരന്റെ നിഷേധം ജീവന്റെ അസ്തിത്വം ബന്ധം മോക്ഷം അതിന്റെ നിഷേധം സർവവും ഈ ബുദ്ധിയെ ആശ്രയിച്ചിട്ടാണ് അതിനിവിടെ വിശേഷിച്ചെടുത്തു പറയുന്നത് സ്മൃതി ഇല്ലെങ്കിൽ ഇതൊന്നുമില്ല ഗുരുവിന്റെ ശിഷ്യണമെങ്കിലും അതുകൂടിയില്ല എല്ലാം തീർന്നു ആത്മാവുമില്ല അനാത്മാവുമില്ല സർവേ ബുദ്ധിയാശ്രിച്ചിട്ടാണ് അതിൽ വിശേഷതയുണ്ട് സ്മൃതിക്ക് യഥാഭാഗത്തെ സ്മരേഹു മന്ദവ്യം വിജ്ഞാത ശ്രോതവ്യം അധശ്വൃഹു എന്ത് ചെയ്യുന്നു സാധാരണ എല്ലാം സ്മൃതിയിലേക്ക് കടന്നു വരുന്നു സർവ മനനം ചെയ്യേണ്ടതുണ്ട് അറിയേണ്ടതുണ്ട് പിന്നെ കേൾക്കേണ്ടതുണ്ട് കേൾക്കുന്നു മനനം ചെയ്യുന്നു അറിയുന്നു ഇതല്ല സ്മൃതിയെ ആശ്രയിച്ചിട്ടാണ് അല്ലെങ്കിൽ ഇതൊന്നും സംഭവിക്കുന്നില്ല ശൂന്യത പോലെ തഥാ സ്മരണേന വൈമോമ പുത്രേരി പുത്രാൻ വിജാനാദി സ്മരണേന പശു പറയുമ്പോൾ പുത്രനെ സ്മരിക്കുക പുത്രനെ പോലും അറിയുന്നെങ്ങനെയാണ് സ്മരണേന സ്മരിച്ചിട്ട് ഏതെത്ര പുത്രന്മാരാണ് പശു ഇതാ പശുക്കൾ എന്റെ സമ്പത്ത് അഭൂയത്മരണം ഉപാസ്യം അതുകൊണ്ടെന്താണ് സ്മൃതി ഉപാസിക്കുക സർവത്തിലും ഉപരിയായി നിൽക്കുന്നു സർവവ്യവഹാര സാധകമാണ് സ്മൃതി സ്മൃതി നഷ്ടപ്പെട്ടാൽ പിന്നീടൊന്നുമില്ല അതുകൊണ്ട് സ്മൃതി ഉപാസിക്കുക സ്മൃതിയും ബ്രഹ്മം തന്നെ മറ്റ് സർവത്തെയും ബ്രഹ്മമായി ഉപാസിച്ചതുപോലെ സ്മൃതിയും ബ്രഹ്മമാണ് അതിനെയും മഹത്തായി ശ്രേഷ്ഠമായി അതിനെയും ഉപാസിക്കുക എന്റെ ഫലവും മറ്റൊന്നും ഇപ്പോ പറഞ്ഞതുപോലെ െങ്കിലും ഉണ്ടോ ഉപാസിക്കാൻ ഇത്രയും വാസ കൂടുതലായിട്ട് തന്മേ ഭഗവാൻ പറയുന്നുണ്ട് എന്താണ് ആശാവ ആശേദ്ധോ വൈസ്മരോ മന്ത്രണതീതേ കർമാണി കരുതാശ പരുത ഇമം ച ലോകമ ആശാപാശ്യേതി സ ആശാ ബ്രമേദ്യുപാസ് ആശ്രയാേ കാ സമൃദ്ധ്യത്തി അമോഖ സാശോ യഥാമചാരോഭവതി ആ ആശാ ബ്രമേസ് അതിയേ ആശൂസ്തി ആശാവസ്മരാശ്രാപ്തസ്തുകാംക്ഷ സ്മൃതിക്കുവാപ്പുറവുണ്ട് ആശ അതും ഒരു അന്ധകരണധർമ്മമാണെന്ന് പറഞ്ഞ മനസ്സ് ചിത്തം ഇതുപോലെ ഇതും ആശയും അന്ധകരണധർമ്മമാണ് ആശ അപ്രാപ്ത വസ്തു ആകാംക്ഷങ്ങരവി പര്യായങ്ങളുണ്ട് അത് സ്മൃതിക്കുമുറമാണ്വ്യം അന്ധകർണസ്ഥർമ്മമാണ് അതുകൊണ്ട് ീൻ മന്ത്രാൻ അധീതി ബ്രാഹ്മണേഭ്യോ വിധി ശ്രുവാ മന്ത്രത്തിൽ പറയുന്നു ആശിച്ച് സ്മരിക്കുന്നു മറ്റും അതിനെ അധ്യയനം ചെയ്യുന്നു അധീത്യജ അതർത്ഥം ബ്രാഹ്മണേഭ്യോ അത് അധ്യയനം ചെയ്തിട്ട് ബ്രാഹ്മണരിൽ നിന്നും അതിന്റെ അർത്ഥത്തെ മനസ്സിലാക്കുന്നു ഗുരുക്കന്മാരിൽ നിന്നും വിധിയും ശശുത്വാന്റെ വിധികൾ മനസ്സിലാക്കുന്നു കർമാണി ഗുരുത കർമ്മങ്ങൾ ചെയ്യുന്നു ആ ഫല ഇച്ഛകൊണ്ട് പുത്രനോ പശു എന്താണോ കർമ്മഫലം അതിനെ ഇച്ഛിക്കുന്നു അഭിവാൻച്ചെയും ആഗ്രഹിക്കുന്നു ആശയവ സാധനം ആശ ഉണ്ട് ഭരത്തിനുള്ള സാധനങ്ങളെ അനുഷ്ഠിക്കുന്നു ആശ അതും സ്മൃതിയിൽ നിന്നും വ്യത്യസ്തമാണ് ആശ സർവത്തിനും കാരണമാണ് സ്മൃതി പോലെ ഇമം ച ലോകം ആശയവ സ്മരൻ ലോക സംഗ്രഹ ഹേതുവിച്ചേ ഈ ലോകത്തെയും ആശിക്കുന്നു ആശ വർദ്ധിച്ചിട്ട് ഈ ലോകഫലം പരലോകഫലം എല്ലാം ലോകസംഗ്രഹി അതാത് ലോകങ്ങളെ പ്രാപിക്കുന്നതിനുള്ള ഉപായങ്ങളിലൂടെ ഇച്ഛതിച്ഛിക്കുന്നു എല്ലാ ലോകങ്ങളെയും എല്ലാ കർമ്മങ്ങളുടെയും ഫലങ്ങളെ ഉപായങ്ങളിലൂടെ ഇച്ഛിക്കുന്നു ഉപായങ്ങളെ സ്വീകരിച്ചനുഷ്ഠിച്ചുകൊണ്ട് ഇച്ഛിക്കുന്നു സ്വർഗസംഗ്രഹത്തെ ആഗ്രഹിക്കുന്നവൻ സ്വർഗഹേതുവായ യാഗത്തെ അനുഷ്ഠിച്ചുകൊണ്ട് അവൻ യച്ഛിക്കുന്നു ഇങ്ങനെ സർവത്തിലും യച്ഛ കാരണമാണ് അമുച്ച ലോകം ആശയ ഈ ലോകവും ആശയാൽ ദീപ്തമാണ് സ്മരൻ തത്സാധന അനുഷ്ഠാന അതിനുള്ള ഉപായങ്ങൾ അനുഷ്ഠിക്കുന്നു ഫലത്തെ ഇച്ഛിക്കുന്നു അത് ആശ രസന അപബദ്ധം അതുകൊണ്ട് ആശയാകുന്ന ചരടുകൊണ്ട് ബന്ധിച്ചിരിക്കുകയാണ് സ്മരാകാശാദി നാമപര്യന്തം ജഗത് ചക്രീഭൂതം പ്രതിപാദി ഇതൊരു ചക്രം പോലെ എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് സ്മരം ആകാശാദി നാമപര്യന്തം സ്മരം ആ കാശം പിന്നിലേക്ക് പിന്നിലേക്ക് പോയാൽ നാമം വരെ ഇതെല്ലാം ഇങ്ങനെ ഒരു ചക്രം പോലെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണ് ഇതിലെല്ലാം പരസ്പര ബന്ധമുണ്ടെന്ന് ഈ ഉപാസ എന്ന എല്ലാത്തിനും അതാശായ സ്മരാത വിഭൂയ സൃഷ്ടിത അതുകൊണ്ട് സ്മൃതിയെ സ്മൃതിക്ക് മാത്രമാണ് ആശ ആശീനമാണ് സർവവും അതുകൊണ്ട് ആശയും ബ്രഹ്മമായി പാസിക്കുക നാരദൻ സനക്കുമാറിന്റെ അടുത്ത് ചെല്ലുന്നതും ആശയോടു കൂടിയാണ് ബ്രഹ്മ ജിജ്ഞാസയും ഒരാശയാണ് ശോകം നിവൃത്തിക്കും ആശയാണ് കാരണം അതുകൊണ്ട് ആശ ആശിത്രയും വ്യാപകത്വം അതുകൊണ്ട് ആശയയും ബ്രഹ്മമായിട്ട് ഉപാസിക്കുക എന്താണ് അതിന്റെ ഫലം ആശയാ സദാ ഉപാസിതയാസക സർവേ കാമ സമൃദ്ധിയന്ത് സമൃദ്ധി ആഗ്രഹങ്ങൾ സഫലമാകുന്നു സമൃദ്ധിയെ പ്രാപിക്കുന്നു എങ്ങനെ ആശയെ ബ്രഹ്മമായിട്ട് ഉപാസിക്കുമ്പോൾ ആശ തന്നെ ബ്രഹ്മം അമോഘ്യസ്യാശിഷക പ്രാർത്ഥന സർവഭവന്യാന്റെ പ്രാർത്ഥനകളെല്ലാം അമോഘമാകുന്നു വ്യർത്ഥം ആകുന്നില്ല അമോഹം അമോഹം വ്യർത്ഥം അത് വ്യർത്ഥമാകുന്നില്ല സഫലമാകുന്നു യത് പ്രാർത്ഥന സർവൻ തത് അവശ്യം പോകും എന്ത് പ്രാർത്ഥിക്കുന്നു അതെല്ലാം നേടാൻ പറ്റുന്നു യവത് ആശായാഹാഗതം ഇത്യാദിക്കും ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെ അപ്പോ അവിടെ സ്മൃതി ആകാശ ആശ ഇത് രണ്ടാണ് ഇതിനും പ്രാധാന്യമുണ്ട് സ്മൃതിയും സർവവ്യവഹാരങ്ങൾക്കും ഹേതുവാണ് ആശയും അതുപോലെ തന്നെ അതുകൊണ്ടിതെല്ലാം ്രഹ്മമായിട്ട് ഉപാസിക്കുക മഹത്തായി ഉത്കൃഷ്ടമായി ശ്രേഷ്ഠമായി അങ്ങനെ ഉപാസിക്കുക അതുകൊണ്ടാണ് വീണ്ടും ചോദിക്കുന്നത് ഭൂയ ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ ശരി ഇതിനെ ഞാൻ മഹത്വമായി ഉപാസിക്കുന്നു ബ്രഹ്മമായി ഉപാസിക്കുന്നു ഇനി മഹത്വമായി ഉപാസിക്കാൻ എന്തെങ്കിലും ഉണ്ടോ ഭൂയ എന്ന് ചോദിക്കുന്നു ആ മഹത്ത എന്ന് പറയുന്നത് ഉപാസനയിലുള്ളതാണ് എങ്ങനെയാ ഉപാസനയല്ല മഹത്വം വരുന്നത് ശിലയെ ശിവലിംഗമായി ഉപാസിക്കുമ്പോൾ ശിലയ്ക്ക് മഹത്വം വരുന്നു അത് ആ ഉപാസന കൊണ്ട് വരുന്ന മഹത്വമാണ് ശിലയ്ക്ക് സ്വയം മഹത്വമില്ല മറ്റു ശിലകളിൽ നിന്ന് വ്യത്യാസമൊന്നുമില്ല പക്ഷെ ശിലയെ ശിവലിംഗമായി ഉപാസിച്ചാൽ ശില മഹത്വമുള്ളതായി ആ സ്വയശിവനായി അതുപോലെ തന്നെ ഇവിടെ പറയുന്ന കാര്യങ്ങൾ പറയുന്നത് മറ്റുള്ളതിൽ നിന്നും വിശേഷിച്ചതിന് മഹത്വമൊന്നുമില്ല അങ്ങനെ കാണാൻ വഴിയില്ല മനസ്സിനേക്കാൾ മഹത്വമുള്ളതാണ് സ്മൃതി അതിനേക്കാൾ മഹത്വമുള്ളതാണ് വിശ്വാസം വിജ്ഞാനം അതിനേക്കാൾ മഹത്വമുള്ളതാണ് ചിത്ത് എന്നെല്ലാം പറയാം ഏതിനേയും മാറ്റിയും തിരിച്ചും എല്ലാം പറയാം പക്ഷെ ഇവിടെ ഓരോന്നിനെ കുറിച്ചും പറയുമ്പോൾ ഭൂയ ഇനി എന്തെങ്കിലും ഉണ്ടോ ഇങ്ങനെ മഹത്വത്തോട് ഉപാസിക്കണം അപ്പോൾ അവിടെ ആ മഹത്വം എന്ന് വരുന്ന മഹത്വമാണ് ശിവ ഉപാസനയിലൂടെ ശിലയ്ക്ക് വന്ന മഹത്വം പോലെ കൊണ്ടാണ് ഇന്ന മഹത്വം എന്ന് ഇവിടെ ഉപാസനയിൽ ഇങ്ങനെ വരുന്നു ഇതിനെല്ലാത്തിനും ബ്രഹ്മമായിട്ട് ഉപാസിക്കുന്നു ബ്രഹ്മം സർവമഹത്വാണ് ഇപ്പൊ സർവ മഹത്തായിരിക്കും ബ്രഹ്മമായി ഉപാസിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം മഹത്താണ് ഇതെല്ലാം ഒരു ചക്രം പോലെ ചക്രിയ ഒരിടത്തു നിന്ന് തുടങ്ങി വീണ്ടും അവിടെ തന്നെ അവസാനിപ്പിക്കും ഓരോന്നിനും അതാതിന്റെ സൃഷ്ടിയില ഓരോന്നിന്റെ നിലയിൽ അതാതിന് മഹത്വമാണ് അത് ബ്രഹ്മമായിട്ട് ഉപാസിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരേ തരത്തിലുള്ള മഹത്വം അതുകൊണ്ടാണ് ഭൂയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒന്നും മറ്റൊന്നിനു കൾശരേഷ്ഠെന്നുള്ള അർത്ഥത്തിലല്ല അത് ഏത് ഏതിനോ കളശ്രേഷ്ഠെന്ന് നിർണ്ണയിക്കാൻ പ്രയാസമാണ് വിജ്ഞാനത്തെ കളശരേഷ്ഠമാണ് സ്മൃതി ആശയക്കാൾ ശ്രേഷ്ഠമാണ് വിജ്ഞാനം ഇങ്ങനെ നിശ്ചയിക്കാൻ പറ്റത്തില്ല പക്ഷേ സർവ്വത്തെയും ബ്രഹ്മമായി ഉപാസിക്കുന്നു ബ്രഹ്മ മഹത്വാണ് സർവവും അതുകൊണ്ട് അതിന്റെ ഫലം മുമ്പ് പറഞ്ഞതുപോലെ യാവത് ആശായാഹ ഗതം തത്ര യഥാ കാമ്പോതി ആശാം ബ്രഹ്മിത്യുപാസ്തി ഇനി മറ്റെന്തെങ്കിലുമുണ്ടോ കൂടുതലായി ബ്രഹ്മമായി ഉപാസിക്കുന്നേനെന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നുണ്ട് മഹത്തായിട്ടുണ്ടെന്നാണ് തന്മയെ ഭഗവാൻ ബ്രവീകു എന്നാൽ അതെനിക്ക് ഉപദേശിച്ചാണ് സമർപ്പിതംയാദി പ്രാണൻ ദാതി പ്രാണായ ദാതി ൃശമസ് പദം പിരിച്ച്കൊണ്ട് സന്ധി ചെയ്തിരിക്കും പിതൃഹാവൈ തമസി മാതൃഹാവൈ തമസി ഭ്രതൃഹാവൈ ത്മസി ശ്വസാവൈ തമസി ആചാര്യ വൈ തമസി ബ്രാഹ്മണാവൈ തമസി അഥ എദ്യപേനുക്ൂലെയ സമാനം പിതൃ മാതൃതി പ്രാണോഹ്യേത സവാഷവം പശ്യൻ എം മന്ം വിജാന കം ചേത് ബ്രൂയു അതിവാദ്യസീതി അതിവാദ്യസ്മീതി ബ്രൂയാൻ നപഹനുവീത നാമ ഉപക്രമമാശാന്തം കാര്യകാരണത്വന നിമിത്തനൈമിത്കേന ഉത്തരോത്തരഭൂയസ്ഥയാവസ്ഥ സ്മൃതിനിമിത്തസദ്ഭാവം ആശാരചനാ തന്തുഭേർ യൻ പ്രാണേ സമർപ്പതം ഇതുവരെയാണ് ഉപാസന ഉപക്രമം ആശാന്തം പ്രാണൻ വരെ ഇതുവരെ പറഞ്ഞു നാമ തുടങ്ങി ആശ വരെ പറഞ്ഞു കാര്യകരണത്വേന നിമിത്ത നൈമിത്യത്വേന ഉത്തരോത്തരഭുയഹ ഇവിടെ ഓരോന്ന് പറയുമ്പോഴും ഇതിൽ ഒരു കാര്യകാരണത്വത്തെ ആരോപിക്കുകയും അങ്ങനെ കൽപ്പിക്കാൻ സർവം സർവാത്മകം കൊണ്ട് ഏതിനും പരസ്പരം കാര്യകാരണത്തെ ആരോപിക്കാം ഇതിവിടെ ഉപാസനക്ക് വേണ്ടി ചെയ്യുന്നതാണ് ഏതെങ്കിലും തരത്തിലൊരു കാര്യകാരണം ബന്ധത്വം ഉണ്ടാക്കണമെങ്കിൽ എവിടെയാ എങ്ങനെയുള്ള കാര്യകാരണത്തോ നിമിത്ത നൈമികത്വേന നിമിത്ത നൈമിത്കഭാവത്തിൽ എന്റെ മുമ്പിൽ പുസ്തകമായിരിക്കും ഞാനും പുസ്തകം തമ്മിൽ ഒരു കാര്യകാരണഭാവം ഉണ്ടാകും ഞാനല്ല പുസ്തകം സൃഷ്ടിച്ചത് പക്ഷേ പുസ്തകം ഞാനും തമ്മിൽ ഒരു കാര്യകാരണമെന്ന് നമുക്ക് പറയാം ഈ പുസ്തകം ഇവിടെ വന്നത് ഞാൻ നിമിത്തമായിട്ടാണ് എന്റെ ഉപയോഗത്തിന് വേണ്ടി പുസ്തകം ഇവിടെ വന്നു അപ്പൊ ഞാൻ നിമിത്തം പുസ്തകം വന്നു ഇതൊരു നിമിത്താനൈമിത്കഭാവമാണ് ഞാൻ സൃഷ്ടിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല ഈ പുസ്തകം ഇവിടെ വരുന്നതിന് ഞാനും നിമിത്തമായി അങ്ങനെ നിമിത്ത നൈമിതിക ഭാവം അതുപോലെയാണ് ഇവിടുത്തെ കാര്യങ്ങളല്ല അതായത് നിമിത്ത നൈമിതികത്വം വരുന്നതിന് കാര്യം കാരണം തന്നെ ആവണമെന്നില്ല മണ്ണും കുടവും പോലാവണമെന്നില്ല അല്ലാതെ വരാം അങ്ങനെ ഒരു നിമിത്ത നൈമിതികഭാവം പ്രപഞ്ചത്തിൽ സർവത്തിലുമുണ്ട് ഈ കസേര ഞാൻ ശ്രദ്ധിച്ചല്ലോ പക്ഷെ ഞാനും കസേരയും തമ്മിലൊരു നിമിത്ത നൈമിത്തികഭാവം ഈ കസേര എനിക്ക് വേണ്ടി ഉണ്ടായി ഞാനീ കസേരയ്ക്ക് വേണ്ടിയുണ്ടായി പരസ്പര ബന്ധമുണ്ട് കാരണം ഈ രണ്ടും കൂടിച്ചേരുന്നു കാല ദേശത്തിന്റേതായ വ്യവധാനങ്ങളെല്ലാം മാറ്റിവെച്ച് പരസ്പരം ഒന്നിക്കുന്നു ഇതാണ് നിമിത്തം നാം നൈമിത് എന്തുകൊണ്ട് സർവ സർവാത്മകമാണ് പ്രപഞ്ചം അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ടോ സർവത്തിലും പരസ്പരം നിമിത്ത നൈമിത്യമുണ്ട് വിപുലമായ പ്രപഞ്ചത്തിന് ഗ്രഹ താരകങ്ങൾക്കെല്ലാം ആ നിമിത്ത നിമിത്തം നമ്മൾ പറയുന്നത് ഒന്നിനെ ആകർഷിച്ച് മറ്റൊന്നീക്കുന്നു ഒന്നിന്റെ ആകർഷണത്തിൽ മറ്റൊന്നീക്കുന്നു ഒന്നിനെ നിലനിർത്തുന്ന മറ്റതാണ് ഏതേദന രണ്ടും പരസ്പരം നിലനിർത്തുന്നു അതുകൊണ്ട് ഈ നിമിത്ത നൈമിത്യഭാവം നമ്മൾ തരത്തിലുള്ള കാര്യകാരണ ഭാവം പിതാവും പുത്രനും പോലുള്ള കാര്യകാരണഭാവും ഇതിന് മറ്റൊരു തരത്തിൽ പറയാം പരസ്പര സാപേക്ഷത പ്രപഞ്ചത്തിലെ ഓരോ മണ്ഡരിക്കുമുണ്ട് പരസ്പര സാപേക്ഷത ഒന്നിനെ ആശ്രയിച്ചൊന്നി ഒന്നിനെ ഇതിൽ നിന്നും ഈ കട്ടുപാടിൽ നിന്ന് സ്വതന്ത്രമാകാൻ പറ്റത്തില്ല ഞാൻ നിരപേക്ഷമാണെന്ന് പറയാൻ ഇവിടെ ഒരു അണുവിന് പോലും സാധ്യമായി അതുപോലെ ഇവിടെ ഇങ്ങനെ നിർദ്ദേശിക്കുന്നു ഉപാസനയ്ക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ഇത്രയാകാവുന്നില്ല ഇതിലും കൂടുതലാകും ഇതിൽ കുറവാണ് അതിന്റെ പരസ്പര നിമിത്ത നൈമിത്യരെ ആശ്രയിച്ചു പോകുന്നു അവസം അതുകൊണ്ട് ഒന്നുകഴിഞ്ഞ് മറ്റൊന്നും അത് കഴിഞ്ഞ് മറ്റൊന്ന് അങ്ങനെ ഉത്തരോത്തരഭൂയസ്ഥയാവടെ ഉത്തരോത്തര കൂടുതലായി കൂടുതലായി ഓരോന്നിനും നിർദ്ദേശിച്ചു ഇനിയുണ്ടോ മറ്റൊന്നെങ്കിലും ഇനി എന്തോ മറ്റെന്തെങ്കിലും ശരി കൊണ്ട് അത് ഉണ്ടെന്നറിഞ്ഞാൽ പോലെ ഓരോന്നിനെയും ബ്രഹ്മമായി ഉപാസിക്കുന്നുണ്ട് ഓരോന്നിനും ആ ഭൂയസ്ഥം മഹത്വമുണ്ട് അത് ബ്രഹ്മമായി ഉപാസിക്കുന്നുണ്ടാണെ മഹത്വം അപ്പൊ നാമത്തെ എന്റെ ഉപാസന പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചോദിച്ചു ഇനി അത് മനസ്സിലായി അതിനെ ബ്രഹ്മമായി ഉപാസിക്കും ഇനി ഇതുപോലെ ബ്രഹ്മമായി ഉപാസിക്കത്തക്ക ഏതെങ്കിലും ഉണ്ടോ ബ്രഹ്മ മഹത്വത്തെ ആരോപിക്കത്തക്ക ഇനി മറ്റെന്തെങ്കിലും ഉണ്ടോ അതാണ് ആ മഹത്വത്തിന്റെ താല്പര്യം ഇവിടെ അതാ ചെയ്യുന്നു ഓരോന്നിനും ആ ബ്രഹ്മ മഹത്വത്തെ കാണുകയാണ് അവ്യവസ്ഥിതമായി അനുഭവപ്പെടുന്ന ഈ സർവപ്രപഞ്ചകങ്ങളിലും അങ്ങനെ തോന്നുന്നു സർവത്തിൽ ഒരേ മഹത്വത്തെ ഉപാസിക്കുക ഇതന്നെ ഏകമായ മഹത്വമാണതുകൊണ്ട് അതിന് അവസാനം പറയുന്നു ഭൂമ എന്ന് പറയുന്നു ഇവിടെ അങ്ങനെയുള്ള ഓരോ പരിച്ഛിന്നതയിലും മഹത്വത്തെ ആരോപിക്കുകയാണ് നാമം ബ്രഹ്മമാണ് പ്രാണൻ ബ്രഹ്മമാണ് എന്നിങ്ങനെ അവസാനം പറയുന്നു ആ സർവമഹത്വം അതാണ് പരമാർത്ഥം ആ പരമാർത്ഥത്തെയാണ് ഇവിടെ ഓരോന്നിലും ഉപാസിക്കേണ്ടത് എന്നിങ്ങനെ അവസാനം ബോധിപ്പിക്കുന്നു സ്മൃതി നിമിത്ത സദ്ഭാവം ആശാരചന പാശ്ചർവിഭാശിതം ഈ പ്രപഞ്ചത്തിന്റെ സ്ഥിതിയെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ മുമ്പ് പറഞ്ഞു ബുദ്ധിയെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് സാധാരണ പറയും അറിവിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് ഇതിന്റെ അസ്തിത്വം അറിവിനെ ആശ്രയിച്ചിട്ടാണ് അറിവിൽ നിന്ന് വേറിട്ട് വസ്തുവിന് സ്ഥിതി ഉണ്ടോ ഇല്ല എന്നുള്ള തർക്കമല്ല ഇവിടെ എപ്പോഴാണോ ഒരു വസ്തുവിനെ അറിയുന്നത് അറിയുമ്പോ അപ്പോ എടുത്താണ് മുമ്പും പിമ്പെടുക്കണ്ട എപ്പോഴാണോ അറിയുന്നത് അറിയുമ്പോ വസ്തുവിന്റെ അസ്തിത്വം സ്ഥിതി അറിവിനെ ആശ്രയിച്ചിട്ടാണ് അറിവില്ലാതെ സത്തയെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റത്തില്ല കാരണം സത്തയെക്കുറിച്ചുള്ള ചിന്ത എന്ന് പറയുന്നത് തന്നെ അറിവാണ് ആ അറിവിൽ വിശേഷിച്ചൊന്നാണ് സ്മൃതി എന്ന് പറയുന്നത് അതുകൊണ്ട് പിന്നെ സ്മൃതി നിമിത്ത സദ്ഭാവം ഈ സർവത്തിനും സ്മൃതി കൊണ്ടുള്ള ഒരു സദ്ഭാവമുണ്ട് സ്മരിക്കുന്നു നിലനിൽക്കുന്നു അല്ലെങ്കിൽ അറിയുന്ന നിലനിൽക്കുന്നു എന്നും പറയാം അങ്ങനെ സത്വപ്രകാശിക്കുന്ന അറിവിലൂടെയാണ് സത്യെ ആശ്രയിച്ചാണ് വസ്തുക്കൾ പ്രകാശിക്കുന്നത് അറിവ് വസ്തുവുമായിട്ട് സത്യവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ അറിവിൽ നിന്ന് ആ സത്തേ മാറ്റുക അത് ആ അറിവിൽ വിശേഷമായ സ്മൃതി നിമിത്ത സദ്ഭാവമാണ് ഇത് സർവവും പ്രപഞ്ചം മുഴുവൻ നേരത്തെ പറഞ്ഞു സ്മൃതിയില്ലേ പ്രപഞ്ചമില്ല ഒന്നുമില്ല ആശാ രചനാപാശീർ വിഭാഷിതം സർവം ഇനി ആശയാകുന്ന ചരട് കൊണ്ട് സർവത്തെയും ബന്ധിച്ചിരിക്കുകയാണ് ഏത് മുതൽ ഏതുവരെയായാലും ശരി അനുവദിക്കില്ല ഓരോന്നിനോരോ വിശേഷതകളുണ്ട് ാമത്തിനുണ്ട് മനസ്സിനുണ്ട് വിജ്ഞാനത്തിനുണ്ട് ചിത്രത്തിനുണ്ട് അതുപോലെ ആശയ്ക്കും ഒരു വിശേഷതയുണ്ടെന്നുള്ള ആശയാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു സർവവും പ്രപഞ്ചത്തിൽ എന്തൊക്കെ അനുഭവപ്പെടുന്നുണ്ടോ സർവവും ആശയാൽ ബന്ധിതമാണ് അതുകൊണ്ടാണ് മനുഷ്യൻ ആ ആശക്ക് പ്രേരിതനായി നിരന്തരം അന്വേഷിച്ച് അന്വേഷിച്ച് പോകുന്നു ഗവേഷണം നടത്തുന്നതുകൊണ്ടാണ് അറിയണമെന്നുള്ള ആഗ്രഹം കണ്ടെത്തണമെന്നുള്ള ആഗ്രഹം സ്വായത്തമാക്കണമെന്നുള്ള ആഗ്രഹം അനുഭവിക്കണമെന്നുള്ള ആഗ്രഹം സർവപ്രപഞ്ചാംശങ്ങളിലും അതുണ്ട് അതുകൊണ്ട് പറയാം ആശയാകുന്ന രചന കൊണ്ട് ബന്ധിച്ചിരിക്കുകയാണ് സർവത്തെയും സർവത ബിസമിപ്പ താമരപളയത്തിൽ നാരുകിളന്നതുപോലെ നാരാണത് യസ്മിൻ പ്രാണി സമർപ്പിതം ഇത് സർവൊരു പ്രാണലിലാണോ ബോധപ്രോതമായിരിക്കുന്നത് പ്രാണലിലാണോ സമർപ്പിതമായിരിക്കുന്നത് ഏതൊരു പ്രാണനെ ആശ്രയിച്ചിട്ടാണോ ഇതെല്ലാം പ്രകാശിക്കുന്നത് നിലനിൽക്കുന്നത് ആ പ്രാണനെ കുറിച്ച് പറയുന്നു സർവത്വ വ്യാപിനാണനെ കുറിച്ച് ചിന്തിച്ചാലോ സർവവും പ്രാണനാൽ ുന്നു കൊരക്കപ്പെട്ടിരിക്കുന്നു പ്രാണനാകുന്ന നൂലുകൊണ്ട് കൊലത്തിരിക്കുകയാണ് മണികണായുവ അന്തർബർഗതേന സർവവ്യാപിയാണ് ഈ ജീവനിലിരിക്കുന്നു സമഷ്ടി പ്രപഞ്ചത്തിലിരിക്കുന്നു ബാഹ്യപ്രാണികളിലിരിക്കുന്നു മുക്ഷലതാദികളിലിരിക്കുന്നു ചില അച്ഛരങ്ങളിലെല്ലാം ഇരിക്കുന്നു പ്രാണൻ എന്തിനു ജഡം എന്ന് പറയുന്നിടത്ത് പോലും ഉണ്ട് പ്രാണന്റെ സാന്നിധ്യം ായിരിക്കയാണ് പ്രാണൻ സർവത്ര നല്ല ഗ്രജിതൻ എന്ന് പറഞ്ഞിരിക്കുന്നു പ്രാണന് സ്വാതന്ത്ര്യമില്ല മണിയിൽ നൂര് പൊരുത്തു കഴിഞ്ഞാൽ പിന്നെ നൂലിന് പുറത്ത് കിടക്കാൻ നോക്കത്തില്ല അതാണ് പ്രാണന്റെ സ്ഥിതി അന്തർബഹൃഗത്തേനും മണിഗണായിവസൂത്രേണ ഗ്രചിതം വിധൃതം പ്രാണനെല്ലാത്തിനെയും ബന്ധിച്ചിരിക്കുന്നു പ്രാണനെല്ലാത്തിനെയും ബന്ധിക്കപ്പെട്ടിരിക്കുന്നു അങ്ങനെ ഇത് പിരിയാൻ വയ്യാത്ത രീതിയിലിരിക്കുകയാണ് പ്രാണൻ സഭ പ്രപഞ്ചാത്മകനായിരിക്കുന്നു പ്രപഞ്ചം പ്രാണാശ്രിതമായിരിക്കുന്നു അങ്ങനെയുള്ള പ്രാണൻ സേശപ്രാണോ ആശായ ഭൂയാൻ ആസിക്കും അപ്പുറം പോകാം പ്രാണനിലെത്താം റാണിന് ഉപവാസിക്കാം അതും ബ്രഹ്മൻ തന്നെ ആശയേക്കാൾ അതിന് കുറച്ചുകൂടി സവിശേഷതയുണ്ട് കഥമസി ഭൂയസ്തു എന്താണ് അതിന്റെ സവിശേഷത ദൃഷ്ടാന്തേന സമർത്ഥേയും ഭൂയസ്തു യഥാ വൈ ലോക രഥചക്ര ആരാ രഥനാപു സമർപ്പിത സംപ്രോത സംപ്രവേശിത ഇത്യത് ലോകത്തിൽ നമുക്ക് കാണാം രഥത്തിന്റെ ചക്രം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആരക്കാലുകൾ അതിൻ്റെ നാഭിയിൽ നിന്ന് അതിൻ്റെ പരിധിയിലേക്ക് ഉള്ള ബന്ധം ആരക്കാൽ ആ കാലുകളെല്ലാം എന്താണ് രഥനാഭു സമർപ്പിത ആ നാഭിയിൽ സമർപ്പിതമായിരിക്കുന്നു സംപ്രോത സംപ്രവേശിത എന്നിട്ടാണ് ആ ചക്രത്തെ ബലപ്പെടുത്തുന്നത് ആ ചക്രത്തിന്റെ പരിധിയെ നിലയ്ക്ക് നിർത്തുന്നത് ഈ ആരക്കാരുകൾ അതിന്റെ നാഭിയിലേക്ക് അമിൻ ലിംഗസംഘാതരൂപെ പ്രാണെ പ്രജ്ഞാമനി ദൈഹികാമരൂപ വ്യാകരണായ ആദർശാധു പ്രതിബിംബ ജീവേ അനുപ്രവിഷ്ടഹാരാജ യുവധികാര ഈശ്വരസ് കസ്ഹമ്രാന് ഉോ ഭ പ്രതിഷ്ട്രണ്ട്തൂക്ഷ്മ ശരീരത്തിൽ പ്രാണേ പ്രജ്ഞാത്മനികൻ പരാ ദ ാണ് അന്ധകരണം ഉൾപ്പെടുന്ന അതിലാണ് ആ പരാദേവതീയെന്ന് പറഞ്ഞ നാംരൂപ വ്യാകരണമായ ഇതെല്ലാം പ്രകടമാക്കുന്നതിന് പ്രപഞ്ചത്തെ പ്രകടമാക്കുന്നതിന് ആദർശാദു പ്രതിബിംബ കണ്ണാടിയിലെ ബിംബത്തെ പോലെ ജീവൻ ആത്മനുപ്രവിഷ്ട ജീവാ അനുപ്രവേശം ചെയ്തിരിക്കുന്നത് ഏതൊരു പ്രാണനിലാണോ ആ പ്രാണൻ ഇവിടെ പ്രാണൻ അന്ധകരണം എന്നെല്ലാം പറയുന്നു ഒരർത്ഥത്തിലാണ് ആ പ്രാണനെ ബ്രഹ്മമായി ഉപാസിക്കുക മഹാരാജ ശിവ സർവാധികാരി സർവാധികാരിയായി മഹാരാജാവിനെ പോലെ ഈ സംഘാതത്തിൽ ഏതൊരുവനാണോ ഇതിൻ്റെ നേതൃത്വത്തെ കൈയാളുന്നത് അവൻ പ്രാണൻ അതിനെക്കുറിച്ച് സ്വർഗ എന്ന് പറയുന്നു കസ്വിൻ അഹം ഉത്രാന്തോ ഉക്രാന്തോ ഭവിഷ്യാമി ഈ പ്രാണന്റെ ഉത്ക്രമണത്തിൽ എല്ലാവരും പോകുന്നു ഗിരി പറഞ്ഞു പതിനഞ്ചാം അധ്യായം പുഷ്പത്തിൽ നിന്നാണ് അതിന്റെ ഗന്ധത്തെ ബഹിച്ചുകൊണ്ട് പോകുന്നത് എന്ന് പറഞ്ഞു അത് പറയുന്നു കസ്വിൻ വാ പ്രതിഷ്ഠിതയെ പ്രതിഷ്ഠാശ്യാമി അങ്ങനെ പോകുന്ന ഈ പ്രാണൻ ഏതെങ്കിലും ഒരു ശരീരത്തിൽ ചെന്ന് ഇരുപ്പുറപ്പിച്ച എല്ലാവരും അവിടെ ഇരിക്കും അന്തക്കരണവും ഇന്ദ്രിയങ്ങളും സംസ്കാരമല്ല അതാണ് പ്രാണൻ അങ്ങനെയുള്ള പ്രാണനെ സൃഷ്ടിച്ചു എന്നും പറഞ്ഞിരിക്കുന്നത് പ്രാണൻ അങ്ങനെ ഒരു ജോലിയുണ്ട് ഒരു ശരീരം വിട്ട് വേറെ ശരീരത്തിലെത്തി ജനനം മരണങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രാണനാണ് ആത്മാവല്ല പ്രാണൻ മഹത്വമുള്ളതാണ് അത് സർവത്രോതപ്രോതമായിരിക്കുന്നു എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രാണോപാസനെ കുറിച്ച് അവസാനം പറയുന്ന അതെന്ത് ചെയ്യുന്നു എങ്ങനെയാണോ നിഴൽ ഒരുപോലെ പിന്തുടരുന്നത് അതുപോലെ സൃഷ്ടികർത്താവിനെ അതും പിന്നെ തുടരുന്നു ആത്മാവിനെ ാണ് പ്രാണൻ ജീവനോട് ചേർന്നാണ് പ്രാണൻ എന്റെ ഗതിവിഗതികളല്ല രഥസ്യാരേഷു നീമിലർപ്പിതോ നരഅർവീതമാജ്ഞാമാത്രിത സ്വയേഷാണയവ പ്രജ്ഞാത്മാണ്ടകത്തിന് ചർച്ച ചെയ്യുന്നുണ്ട് യുധാഷു നർപ്പിത ചക്രത്തിന്റെ പരിധി അത് ആരക്കാലുകളിലാണ് ആരക്കാലുകൾ അതിന്റെ നാഭിയിലാണ് ഏവേതെ യഥാ ഭൂതമാത്ര അതുപോലെ ഈ ഭൂതമാത്രകളെല്ലാം പ്രജ്ഞാമാത്രാസ് അർപ്പിത പ്രജ്ഞാമാത്രകളെല്ലാം അർപ്പിതമായിരിക്കുന്നു പ്രജ്ഞാമാത്രകളിൽ എല്ലാം പ്രാണനിൽ അർപ്പിതമായിരിക്കുന്നു യേശു പ്രാണജൈവ പ്രജ്ഞാത്മ ഈ പ്രാണൻ തന്നെയാണ് പ്രജാത്മാവായിരിക്കുന്നത് എന്നൊണ്ട് പ്രാണൻ തന്നെയാണ് അന്ധക്കരണം അന്ധകരണം തന്നെയാണ് പ്രജ്ഞാത്മ താതാത്മ്യത്തിൽ അതായിട്ട് പ്രാണൻ അന്ധകരണത്തോട് താതാത്മ്യമായിരിക്കും പ്രാണൻ അന്ധകരണം തന്നെ അന്ധകർണം ആ ജീവനോട് താതാത്മ്യമായിരിക്കും അത് ജീവൻ ആ ജീവൻ പരമാത്മാവിനോട് താതാത്മ്യമായിരിക്കുമ്പോൾ അത് ആ പരമാത്മാവ് തന്നെ അതുപോലെ ഭൂതങ്ങൾ ഇതിനോട് താതാത്മ്യവുമായിരിക്കുമ്പോൾ ഭൂതങ്ങളിൽ അത് തന്നെ ആ പ്രാണന്റെ മഹത്വത്തെക്കുറിച്ച് പറയണം അതേ വാസ്മിൻ പ്രാണിയെ സർവേ ദോക്ത സമർപ്പിത അതുകൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ ഈ പ്രാണന് സർവവും സമർപ്പിതമായിരിക്കുന്നു സർവവും പ്രാണനെ ആശ്രയിച്ചിരിക്കുന്നു അത് സേശ പ്രാണവും അപരതന്ത്ര പ്രാണയോ സ്വശക്തിയാവുകയേ ഈ നാല്യകൃതം ഗമനാതിക്രിയാ സ്വസ്യ സാമർഥ്യം അതൈവ യേഷപ്രാണോ ആ പരതന്ത്ര ആ പരതന്ത്ര പറഞ്ഞ രണ്ടുതരത്തിലർത്ഥം പറയാം ന പരതന്ത്ര പരതന്ത്രനല്ല എന്ന് പറയാം അല്ലെങ്കിൽ അപരസ്യതന്ത്ര അപരനധീനമാണ് നേരെ വിവരീത അർത്ഥം വരും ഇങ്ങനെയുള്ള ശബ്ദപ്രയോഗങ്ങൾ ആ പരതന്ത്ര എന്ന് വെച്ചാൽ പരതന്ത്രനല്ല അല്ലെങ്കിൽ അപരന് തന്ത്രൻ അപരനധീനാണ് പരതന്ത്രനാണ് ഇവിടെ തുറയുന്നു സ യേഷപ്രാണോ അപരതന്ത്ര പരതന്ത്രനല്ല അന്യാധീനനല്ലാ പ്രാണേനാ സ്വശക്തിയാവേ സ്വയമാവ് സഞ്ചരിക്കുന്നു ഒരു പ്രാണനം എന്ന് പറയുമ്പോൾ ഇവിടെ പറഞ്ഞു ആ പ്രതിബിംബരൂപത്തിൽ അനുപ്രവേശം ചെയ്തവനാണ് അപ്രതിബിംബരൂപത്തിലവൻ സ്വതന്ത്രനാണ് താതാത്മ്യ രൂപത്തിലവൻ ആ പരമാത്മാവ് തന്നെ ഏതരത്തിലായാലും ശരി അവൻ പരതന്ത്രനല്ല അന്യാധീനല്ല അന്യീകൃത ഗുമ്പാതിക്രിയാസ്വസ്യ സാമർഥ്യം ഈ ജീവന് ഗമനാതിക്രിയയിലുള്ള സാമർഥ്യം നല്ല പ്രണിൽ നിന്ന് കിട്ടുന്നതാണ് ജീവൻ പോകുന്നുവെന്നും മറ്റും പറയുന്നുണ്ടല്ലോ ഒരു ശരീരം വിട്ടുപേരുടെ ശരീരത്തിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ഈ ശരീരത്തിരുന്നു കൊണ്ട് തന്നെ ഗമനാദി വ്യാപാരങ്ങൾ നടത്തുന്നു എവിടെ നിന്ന് കിട്ടി ഈ ശേഷി ശരീരം ജഡമാണ് അതിന് ആശേഷി വരാൻ വഴിയില്ല ആത്മാവ് നിർഗുണമാണ് അതിനും ചലിക്കാൻ പറ്റത്തില്ല വിടെ നീ ശേഷി കിട്ടൂ സ്വതന്ത്രനായ പ്രാണനിൽ തന്നെയുണ്ട് അത് പ്രാണന്റെ തന്നെ ശേഷിയാണത് പ്രാണന അതുണ്ട് അതാ ചിത്തിനും ജഡത്തിനും ഇടയ്ക്ക് നിൽക്കുകയാണ് അതിനെ രണ്ടിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് ചിത്തായിരിക്കുന്ന ആത്മസ്വരൂപത്തിനും ജഡമായിരിക്കുന്ന ശരീരത്തിനും ഇടയ്ക്ക് പ്രാണൻ ആ സ്വതന്ത്രനാണെന്ന സർവം ക്രിയാകാരക ഫലഭേദജാതം പ്രാണേവ പ്രാണ ബഹിർഭൂതം അസ്ഥി ക്രിയാകാരക ഫലരൂപത്തുള്ള ഇത് സർവവും പ്രാണനിൽ തന്നെ എന്താ ഈ പ്രാണെന്ന് പറയുന്ന ഇവിടെ എന്താ ആത്മാവാണോ പ്രാണ ആത്മ താതാത്മ്യത്തിൽ അത് ആത്മാവ് തന്നെ ശരീരാതി താതാത്മ്യത്തിൽ അത് പ്രാണനായിരിക്കുന്നു അല്ലെങ്കിൽ അത് ആത്മാവ് തന്നെ പ്രാണാത് ബഹുർഭൂതം അസ്ഥിതി പ്രാണനിൽ നിന്ന് വേറിട്ടൊന്നും അതുകൊണ്ടാണ് പ്രാണന്റെ ശ്രേഷ്ഠത അതുകൊണ്ട് പ്രാണനെ ബ്രഹ്മമായി ഉപാസിക്കുക പ്രാണൻ സർവാത്മകമാണ് ബ്രഹ്മത്തെപ്പോലെ പ്രാണപ്രാണം ദത്താതി തദ്ഭൂതമേവ യമ ദിവ അത പാദ്യോട്ടി പ്രാണേവു പ്രാണ പ്രാണൻ ദണൻ പ്രാണനദാന സർവ വ്യവഹാരങ്ങളും പ്രാണനെ ആശ്രയിച്ചിട്ടാണ് നൽകുക സ്വീകരിക്കുക ഇതെല്ലാം ഈ ശരീരത്തിനുള്ളിൽ ജീവന് ജീവരൂപത്തിൽ പ്രാണൻ ഇരിക്കുന്നത് കൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത് അപ്പോൾ ആ പ്രാണാത്മകമാണ് സർവ്വ പ്രാണനെ ആത്മാവശീകരിച്ചു കഴിഞ്ഞാൽ ആത്മാത്മകമാണ് സർവവ്യവഹാരം എന്നും പറയാം കൊടുക്കുന്നതും വാങ്ങുന്നതും എല്ലാം കൊടുക്കുന്നവർക്ക് പ്രാണനല്ല വാങ്ങുന്നവർക്ക് പ്രാണൻ തന്നെ ആരാണ് പ്രാണൻ തന്നെ അതാണ് യസ്മി ദാതി തത് പ്രാണായുവ അത പിത്രാദ്യാഖ്യവും വി പ്രാണായവ സർവവും പിത്ര പിതാപുത്രാദികൾ സർവ്വവും പ്രാണനാണ് പ്രാണന്റെ സർവാത്മകതയെ കാണിക്കും രണ്ട് തരത്തിൽ പ്രാണശക്തി എന്നുള്ള നിലയ്ക്കാണെങ്കിൽ വ്യവഹാര ആസ്പദമായി ആത്മസ്വരൂപം എന്നുള്ള നിലയ്ക്കാണെങ്കിൽ സർവാധിഷ്ഠാനമായി ഏത് രീതിയിലായാലും പ്രാണൻ സർവാത്മകമാണ് ഏത് രീതിയിലും പ്രാണനെ കാണാം ചിത്തിനെയും ജടത്തിനെയും കേവലം ചിത്തായിരിക്കുന്ന ആത്മാവിനെയും ജഡമായിരിക്കുന്ന ശരീരത്തെയും ബന്ധിപ്പിക്കുന്നതാണ് ഈ പ്രാണ പ്രാണന്റെ ഒരു മഹത്വം ഉണ്ട് സർവവും ഒരു തരത്തിൽ പ്രാണൻ തന്നെ കാരണം എന്തുകൊണ്ട് ശുദ്ധമായ ചിത്ത് ആത്മാവ് അത് സദാ അതാ തന്നെ ഇരിക്കുന്നവന് മാറ്റം സംഭവിക്കുന്നില്ല പക്ഷേ ഇവിടെ പിതാപുത്രാദികളെല്ലാം ഉണ്ട് കാരണം നാമരൂപാത്മകമായ ജഗത്തുണ്ട് ആ സ്വരൂപം അങ്ങനെ ഇരിക്കെ തന്നെ നാമരൂപാത്മകമായ ജഗത്ത് പ്രതീതമാകുന്നു അതിന് പറയാം അത് ആ ഏകത്തിൽ നിന്നിത് പ്രകടമായി അങ്ങനെ പ്രകടമാകുമ്പോൾ ഇതിനെ രണ്ടിനെയും ബന്ധിപ്പിക്കാൻ ഇടയ്ക്കുന്നു വേണം അതാണ് പ്രാണ പിത്രം പ്രസിദ്ധാർത്ഥ ഉത്സർഗീണ പ്രാണവിഷയത്ത് വിജയി പിതാവ് പിതാവല്ല പ്രാണനാണ് പുത്രൻ പുത്രനുള്ള പ്രാണനാണ് മാതാവ് മാതാവല്ല പ്രാണനാണ് സ്വസ സഹോദരി പ്രാണനല്ല അതല്ല പ്രാണനാണ് ഇത്തരത്തിൽ പറയുന്നു ഇവിടെ സർവവും പ്രാണാത്മകമാണ് പ്രാണവിഷയക്കും എന്തുകൊണ്ട് സതിപ്രാണി പിത്രാദിഷു പിത്രാദി ശബ്ദ പ്രയോഗ എന്തുകൊണ്ടങ്ങനെ പറയുന്നു പിതാവ് പിതാവല്ല പ്രാണനാണെന്ന് പറയുന്നു അവിടെ പ്രാണനില്ലെങ്കിൽ പിന്നാലും പിതാവെന്ന് വിളിക്കത്തില്ല പ്രാണം നശിച്ച ശരീരം ദഹിച്ചുപോയാലോ അഴുകിപ്പോയാലോ അല്ലെങ്കിൽ അതിനെ ശൂലം കൊണ്ട് ഒരു പട്ടിക്കകത്ത് വാരി വെച്ച് കഴിഞ്ഞാൽ അതിനാരും പിതാവെന്ന് പറയത്തില്ല പിന്നെ അത് പിതാവല്ല മാംസഭ അതുകൂടെ പറയുന്നു അങ്ങനെ കഥം തതി പിത്ര ദീനാമന്യതമ്യതി ദൃശ്യം ഇവ തദ്പം ഇവ കിഞ്ചിത് വചനം സംഭവം ൊങ്കാരാദിയുക്തം പ്രത്യാഹ ഏതെങ്കിലും ഒരാൾ ഒരുവൻ പിതാവിനെ മാതാവിനെ സഹോദരനെ സഹോദരിനെ ഗുരുവിനെ ബ്രാഹ്മണനെ ആരെയെങ്കിലും അനുരൂപ അവരുടെ അവസ്ഥയ്ക്ക് യോഗ്യമാകാത്ത രീതിയിൽ കിഞ്ചിത് വചനം മോശമായൊരു പദം പ്രയോഗിക്കുന്നു ദുഷ്ടനാണ് നീജനാണ് എന്തെങ്കിലും ഒന്നും നിന്ത്യമായ ഒരു ശബ്ദം പ്രയോഗിച്ചു കഴിഞ്ഞാൽ അധികാരത്തോടുകൂടി പ്രത്യേകം വിവേകിനിഗ്വാസ്തു ദിഗസ്തുത്വം അങ്ങനെ ഒരാൾ ഈ പറയുന്ന ആരെങ്കിലും ഗുരുക്കന്മാരാരെയെങ്കിലും ന്ദിച്ചാൽ ധിക്വാ നിന്ദിക്കുന്ന എന്തെങ്കിലും ഒരു ശബ്ദം പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുന്ന മധ്യസ്ഥനായ ഒരാൾ പറയും അത് ശരിയല്ല അവനെ നിന്ദിക്കും ധിക്വാസ്തുവാ നീ നെന്തിനാണെന്ന് പറയും പിതൃഹാവും പുത്രഹന്ത നീ പിതൃഹന്താവാണെന്ന് പിതാവിനെ ഹനിക്കുന്നവനാണ് പുത്രനെ അഹരിക്കുന്നവനാണ് നിയമായ വാക്കുപയോഗിച്ചു കഴിഞ്ഞാൽ ആ ഉപയോഗിക്കുന്നവനെ നിന്ദിക്കും മറ്റുള്ളവരുവിപയോഗിക്കൽ നിന്ദിക്കും നീ പറഞ്ഞ ശരിയല്ല നീ പിതൃഭാവാണ് നീ പിതാവിനെ കൊല്ലുന്നവനാണ് മാതാവിനെ കൊല്ലുന്നവനാണ് സഹോദരനെ കൊല്ലുന്നവനാണ് സഹോദരിയെ കൊല്ലുന്നവൻ ഈ തരത്തിൽ പറയും അത് ഈ ഞാൻ ഈ ഉത്പ്രാണൻ തെക്ക് ദേഹ വിശൂലിന സമാസാതി പ്രകാരേണ ദഹനലക്ഷണം തദ്ദേഹസംബന്ധമേ കൂർവാണം നൈവം ബ്രൂയു പിഗൃഹ ഇനി പറയുന്നു പിതാവോ മാതാവോ ഗുരുവോ ബ്രാഹ്മണനോ ആരോക്കൊലട്ടെ ഉത് അവന്റെ ശരീരത്തിൽ നിന്ന് പ്രാണം പോയി മരിച്ചു കഴിഞ്ഞു തിക്തദേഹാൻ അവൻ ദേഹത്തെ ഉപേക്ഷിച്ചു കഴിഞ്ഞു വിദ്യ പിശൂലേണ് സമാസം സമസ്യ സന്തോണയോ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞു ഇനി തിരിച്ചു വരില്ല എന്ന് ഉറപ്പായി ആ ശരീരത്തെ കഷണങ്ങളാക്കുന്നു ശൂലം കൊണ്ട് ഛേദിച്ച് കഷ്ണങ്ങളാകുന്നു ദഹിപ്പിക്കുന്നു എന്തു ചെയ്താലും ശരി അവൻ ആരും നിന്ദിക്കത്തില്ല കാരണം അത് അച്ഛനല്ല നീ അച്ഛനെ നിന്ദിച്ചവനാണ് നീ അമ്മയെ നിന്ദിച്ചവനാണെന്ന് പറയുന്നില്ല ആ ശൂലം കൊണ്ടെന്ന് പറഞ്ഞാൽ ചിലരെങ്ങനെയാണ് മരിച്ചു കഴിഞ്ഞാൽ അവനെ മുറിച്ച് കഷണങ്ങളാക്കി കുഴിക്കും അങ്ങനെ ചില ആചാരങ്ങളുണ്ട് അങ്ങനെ ചെയ്താൽ പോലും അവനെ പിതൃഹന്താവ് എന്ന് പറയത്തില്ല മാതൃഹന്താവ് എന്ന് പറയുന്നില്ല അവൻ പിതാവിനെ നിന്ദിച്ചവനാണ് ദ്രോഹിച്ചവനാണെന്ന് പറയത്തില്ല എന്തുകൊണ്ടവിടെ പ്രാണനില്ല ദഹനലക്ഷണം തദ്ദേഹ സംബന്ധമേ ഉർബാണൻ ദൈവേനം പിതൃഹന്ദവാണെന്ന് അവനെ പറയുന്ന ആരും കാണത്തില്ല തസ്മാന് വ്യതിരേകാഭ്യാം അവഗമ്യത പിത്രാദ്യാഖ്യോപി പ്രാണയവ അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കാം ഇവിടെ കാണുന്നാദി സർവ്വതും മാത്രമല്ല ആകാശ ചന്ദ്രാദി സർവ്വതുമോ പ്രാണയവ പ്രാണൻ തന്നെ ിരിക്കുന്ന പ്രാണൻ തന്നെ അന്യ ശരീരങ്ങളിലിരിക്കുന്ന പ്രാണൻ തന്നെയാണ് പ്രാണരൂപത്തിൽ കണ്ടാൽ സർവവും താതാത്മ്യ രൂപത്തിൽ കണ്ടു കഴിഞ്ഞാൽ സർവവും ആത്മാവ് പ്രാണേവ സർവവും പ്രാണൻ തന്നെയാണ് തസ്മാത് പ്രാണഹിയ വേദാനി പിത്രാദീനി സർവാണി ഭീലിജ അതുകൊണ്ട് പറയുന്നു സർവവും പ്രാണൻ തന്നെ സർവവും പിത്രാദിനി സർവാണി ചലാനിശ്ചിരാണി ചരാചരങ്ങളല്ല നിശ്ചിരാണി സർവവും എന്താണ് പ്രാണൻ തന്നെ ആ ഓരോന്നിലേക്കും ആ പ്രാണൻ കടന്നു വരുന്നു അതിന് ജീവഭാവം വരുന്നു അവസാനം പ്രാണൻ വിടുന്നു അന്തസിക്കുന്നു ഇതിന്റെ നൈരന്തര്യം നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് സർവവും പ്രാണൻ തന്നെയാണ് അങ്ങനെയുള്ള പ്രാണനേ സർവാത്മകനായ പ്രാണനേ സർവസ്വരൂപമായിരിക്കുന്ന ഈ പ്രാണനെ ബ്രഹ്മമായിട്ട് ഉപാസിക്കുക സ്വായഷപ്രാണവിദേവ യഥോക് പശ്യൻ ഫലതോ അനുഭവൻ മന്വാനഉപത്തിയം സംയോജ്യം കുറവൻ ഈ പ്രാണനെ കുറിച്ച് പറയുമ്പോൾ കേവല ഉപാസന ഒരു തത്വത്തോ കൂടെ പറയണ എന്താണ് ആ തത്വം സ്വായശപ്രാണവിദേവം ഈ പ്രാണനെ ഉപാസിക്കുന്നവൻ ഇപ്രകാരം ഫലതോ അനുഭവൻ ഇതെല്ലാം സ്വഫലമായി അനുഭവിച്ച് മനസ്സിലാവുന്നുള്ളോ പ്രാർത്ഥന സർവാത്മകത്വത്തെ അവൻ അനുഭവിക്കാൻ കഴിയുന്നു ഏം മന്വാനഹ ഈ പറഞ്ഞ ചിന്തിച്ച് ഉപത്തി യുക്തിയുക്തമായതിനെ കുറിച്ച് ചിന്തിച്ച് ഇവിടെ യുക്തി വേണം നേരത്തെ പറഞ്ഞു മണ്ണനത്തിന് യുക്തി ആവശ്യമാണ് ചിന്തയൻ ഇവിടെ പ്രാണന്റെ തത്വത്തെ കൂടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇവിടെ പ്രാണൻന്ന് പറയുന്ന വിഷയത്തിൽ ഉപാസനെ അവസാനിപ്പിച്ചിട്ട് വീണ്ടും പ്രാണന്റെ തത്വത്തെ കുറിച്ച് പറയും അവിടെ കേവല ഉപാസന മാത്രമാണ് ഉപപത് ചിന്ത യുക്തിയുക്തമായി ചിന്തിച്ച് എം വിജാനൻ ഇതിന്റെ തത്വത്തെ ഗ്രഹിച്ച് സംയോജ്യമേ നിശ്ചയം കുരുമാൻ നിശ്ചയിക്കേണ്ടതാണ് പ്രാണൻ എന്താണ് ഇന്നതാണ് പ്രാണൻ ദുസ്വരൂപം ഇന്നതാണ് പ്രാണൻ സർവവും പ്രാണാത്മകമാണ് എന്നിങ്ങനെ അവൻ നിശ്ചയിക്കേണ്ടതാണ് അതുകൊണ്ട് പ്രാണനെ ഹനിക്കാൻ സാധ്യമല്ല മന്നന വിജ്ഞാനാഭ്യാം ഹി സംഭൂത്ത് ശാസ്ത്രാർത്ഥവും നിശ്ചിതവും ദിവ പറയുന്നു ശാസ്ത്രത്തിന്റെ താൽപ്പര്യത്തെ മനസ്സിലാക്കണമെങ്കിൽ അവിടെ മനന വിജ്ഞാനങ്ങൾ ആവശ്യമാണ് അതുകൊണ്ട് സമ്പൂതനായവൻ മനന വിജ്ഞാനങ്ങളിലൂടെ സ്വയം ശക്തനായവൻ മനന വിജ്ഞാനങ്ങൾ സ്വായത്തീകരിച്ചവൻ മനനവിജ്ഞാനങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുന്നു മലനവിജ്ഞാനങ്ങൾ സ്വന്തമായാൽ അതിലൂടെ ശാസ്ത്രാർത്ഥത്തെ നിശ്ചയിക്കാൻ ശാസ്ത്ര താല്പര്യത്തെ നിശ്ചയിക്കും ഉപാസന നിശിതം മനുപറയും ഉപാസന കൊണ്ട് നിശിതമായ മൂർച്ഛയേറിയ മനസ്സ് എന്ന് പറയുന്നതാണ് ഉപാസനയുടെ ഫലം അതാണ് എന്തോ ഉപാസനയുടെ ഫലം ശാസ്ത്രാർത്ഥം നിശ്ചയിച്ച ശാസ്ത്ര താല്പര്യം നിശ്ചയിച്ചു ശാസ്ത്രശ്രവണം ചെയ്താലും ശാസ്ത്രമനനം ചെയ്താലും ശാസ്ത്ര താൽപ്പര്യത്തെ നിശ്ചയിക്കണമെങ്കിൽ ഉപാസന കൊണ്ട് നിശ്ചിതമായ മൂർച്ചയേറിയ ഒരു മനസ്സാവശ്യമാണ് അതാണ് ഇവിടെ മനനവിജ്ഞാനാഭ്യാം സമ്പൂതോ ശാസ്ത്രാർത്ഥം നിശ്ചിതോ എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ഉപാസനയുമായിട്ട് നേരിട്ടൊരു ബന്ധമല്ല ഉപാസനയിലൂടെ ആ അങ്ങനെ അവന് ശാസ്ത്ര താല്പര്യത്തെ ഗ്രഹിക്കുന്നതിനും കഴിയും അതുകൊണ്ടാണ് ഇവിടെ ഉപാസനക്കിടയ്ക്ക് ആ തത്വത്തെ കൂടി പറയുന്നത് ഉപാസനയെ കുറിച്ച് പറഞ്ഞ അവസാനം തത്വത്തിൽ എത്തിക്കുന്നതുകൊണ്ടാണ് ഉപാസനയിലൂടെയെ ആ തത്വത്തിലെത്താൻ പറ്റും ഉപാസനയിലൂടെ മനസ്സ് നിശിതമായില്ലെങ്കിൽ എങ്ങനെ തത്വബോധമുണ്ടാവും അത്തരം ബുദ്ധിയുടെ ഭാഷകാലം കുറി പ്രാകൃത ബുദ്ധിയും പ്രാകൃതബുദ്ധിയിൽ തത്വബോധം പ്രകാശിക്കത്തില്ല ഇതുള്ളിൽ പ്രകാശിക്കുന്നു ബുദ്ധികൊണ്ട് സൃഷ്ടിച്ചെടുക്കുന്നതല്ല ഉണ്ടാക്കിയെടുക്കുന്നില്ല അതിന് മനസ്സ് പാകമാകട്ടെ പറഞ്ഞു ഉപാസന അങ്ങനെ ശാസ്ത്ര താല്പര്യത്തെ നിശ്ചയിക്കും കഴിക്കുന്ന ഏവം പശ്യൻ അതിവാദി ഭൗതി ന ആശാന്തം അതീച്ച വദനശീലോ പശ്യൻ മണ്ണു വിജാനൻ ചേസ് അതിവാദിയാകുന്നു എന്നാണ് എന്താണ് അതിവാദിയാകുക എന്ന് പറഞ്ഞാൽ അതേവം പശ്യെ നിങ്ങനെ ഉപാസിക്കുന്നവൻ അതിവാദിയാകുന്നു നാമാദ്യാശാന്തം അതീത്യവദനശീലവും നാമത്തെ തുടങ്ങി ആശ വരെയുള്ളതിനെ അതിക്രമിച്ച് വധിക്കുന്നവനാകുന്നു എന്ന് പറഞ്ഞാ നാമം മുതൽ ആശ വരെയുള്ളതിലൂടെ എന്തിനാണ് നിർദ്ദേശിച്ചത് ബ്രഹ്മമായി ഉപാസിക്കുന്ന നാമം മുതൽ ആശ ഉള്ളതിനെ മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല ഇത് നാമമാണ് ഇത് പ്രാണനാണ് ഇത് വിജ്ഞാനമാണ് ഇത് വാഗാണ് അങ്ങനെ അറിഞ്ഞിട്ട് കാര്യം മനസ്സിവിടെ ബ്രഹ്മമായി ഉപാസിക്കാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് അതിൻ്റെ എല്ലാം അതിക്രമിച്ച് വധിക്കാൻ അവന് കഴിയുന്നു നാമത്തെ നാമത്തിനപ്പുറമായി വാക്കിന് വാക്കിനപ്പുറമായി വിജ്ഞാനത്തെ വിജ്ഞാനത്തിനപ്പുറമായി ചിത്രത്തെ ചിത്രത്തിനപ്പുറമായി എങ്ങനെ ബ്രഹ്മമായി വസിക്കുന്നു വചനശീലനാകുന്നു അതിൻ്റെ എല്ലാ താൽപ്പര്യത്തെ അവൻ ഗ്രഹിക്കുന്നു എന്നർത്ഥം അതിന്റെ താല്പര്യത്തെ അവന് ഗ്രഹിക്കാൻ കഴിയുന്നു അവന്റെ ബുദ്ധി സൂക്ഷ്മു അതിവാദനം ശബ്ദം അതീത്യവർത്തമാനം പ്രാണമേവദന്തം പശ്യന്തം അതിവദനശീലം അതിവാദനം ബ്രഹ്മിസ്തംഭപര്യന്ത പ്രാണ ആത്മാഹമിതി ബ്രുവണം ബ്രുഹു അതിവാദ്യ അങ്ങനെ തന്നെ വിശദീകരിക്കും ബ്രഹ്മാതി സ്തംഭപര്യന്തസ് ഹി ജഗത പ്രാണ ആത്മാഹമിതി ബ്രുവാണം ബ്രയ്യു അതിവാദ്യസി നീ അതിപദനമാണല്ലോ പറയുന്നത് നീ അധിക പ്രസംഗമാണല്ലോ പറയുന്നതെന്ന് എന്താ അധിക പ്രസംഗം പറയുക എന്ന് പറയുന്നത് എന്താണോ കാണുന്നു എന്താണോ അനുഭവപ്പെടുന്നത് അതിനെ ാമത്തിന് തുടങ്ങി ആശപരെയുള്ളതിനെ നാമമായി ആശയായിട്ടും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു അതാതെടുക്കും പക്ഷെ ഇവിടെ ഉപാസകൻ അങ്ങനെയല്ല അവന് അധിവാദിയാകുന്നു എങ്ങനെ അധിപതിയാകുന്നു ഈ പറഞ്ഞ സർവവും ഈ പറഞ്ഞ സർവവും ഉൾക്കൊണ്ട് ഉൾക്കൊണ്ടു കഴിഞ്ഞു നാമത്തിൽ തുടങ്ങി ആശപരെ പറഞ്ഞപ്പോൾ എല്ലാം ഉൾക്കൊണ്ടു കഴിഞ്ഞു ബ്രഹ്മാതി സ്തംഭപര്യന്തസ്സ്യ ജഗത ഉപാസകൻ എന്ന് പറയുന്നു പ്രാണ ആത്മാഹം ഇതിൻ്റെ പ്രാണൻ ആത്മാവ് ഞാനാണ് അതാണ് അതിവാദി എന്ന് പറയുന്നത് അതാണ് വിശദീകരിക്കുന്ന തം ചേ തം യദ്യവും അതിവാദന സർവതാ സർവ്വ ഈ ശബ്ദയിൽ നാമാതി ആശാന്തം അതീത്യവർത്തമാനം പ്രാണമേവദന്തം അതാണ് അതിവാദി എന്ന് പറയുന്നത് സർവേ ശബ്ദീ നാമാദ്യ ആശാന്തം അതിന്റെ എല്ലാം താല്പര്യത്തെ അതീത്യവർത്തമാനം പ്രാണമേവ വദന്തം എല്ലാം പ്രാണൻ തന്നെ ആ പ്രാണനാണ് എന്റെ സ്വരൂപം ഏവം പശ്യന്തം അതിവദനശീലം അതിവാദിനം അവിടെ പ്രാണമെന്ന് പറഞ്ഞാൽ ആത്മാവെന്ന് എടുത്താമെന്ന് ബ്രഹ്മാതി സ്തംഭജിന്റെ ശ്രീജഗത പ്രാണ ആത്മാ പ്രാണൻ അവടെ അർത്ഥം പറഞ്ഞു പ്രാണെന്ന് വെച്ചാൽ ആത്മാ പ്രാണൻ എന്നുള്ള സാധാരണ അർത്ഥമുണ്ട് അവൻ അതിവാദിയാണ് പ്രാണോപാസകൻ ബാഠം അതിവാദ്യശ്മി അവനോട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും പറയാതെ ഞാൻ അധികം നീ അധിക പ്രസംഗമാണ് പറഞ്ഞാൽ പ്രസംഗം തന്നെ കാരണം താൻ കാണാത്തതിനും താൻ അനുഭവിക്കാത്തതിനും അപ്പുറമുള്ള ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അയാളോട് മറ്റുള്ളവർ പറയും നീ വേണ്ടാതെ പറയുകയാണ് ആവശ്യമില്ലാത്ത പറയണെന്ന് അവൻ പറയും ശരിയാണ് നിങ്ങളുടെ ദൃശ്യം എന്താണ് ആവശ്യമില്ലാത്തത് അത് ഞാൻ പറയുന്നത് അഭക്കിന് വിതാനും നിഷേധിക്കത്തില്ല ആരോപണത്തെ നിഷേധിക്കത്തില്ല എന്തായി പറയുന്നു സർവവും പ്രാണനാണ് സർവ്വവും ആത്മാവാണെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും താല്പര്യം നാമരൂപാത്മകമായി നാനാത്വരൂപത്തിൽ അനുഭവപ്പെടുന്ന ഈ പ്രപഞ്ചത്തിൽ അങ്ങനെ ഒരു ഏകത്വം ഇങ്ങനെ സിദ്ധിക്കും ഞങ്ങളെ സിദ്ധാന്തിച്ചാൽ തന്നെ അനുഭവത്തിൽ വരാത്തതിനെങ്ങനെ അംഗീകരിക്കും ഇങ്ങനെ നിരന്തരമായി ഈ ആശയത്തെ ചോദ്യം ചെയ്യും പറയുന്നു നഖ്വനിവീത നീ ഒരതിവാദിയാണല്ലോ നിഷേധിക്കുന്നില്ല അതെ നിങ്ങൾക്ക് മനസ്സിലാക്കാത്ത കാര്യം പറയുന്നത് ഞാൻ അതിവാദിയാണ് എന്താ അതിവാദനം എന്ന് പറയുന്നത് ഞാൻ സർവാത്മകനാണ് ഞാൻ പ്രാണാത്മകനാണ് അതുകൊണ്ട് ഞാൻ സർവവുമാണ് ഇതല്ല അതിവദനം നപഹത എന്നെ നിഷേധിക്കത്തില്ല കസ്മാസവും അപഹ്വിനുവീത യത് പ്രാണം സർവേശ്വരം അയം അഹം അസ്മീറ്റീ ആത്മത്വനുപകഥ അതാണ് അവനെങ്ങനെ ഗ്രഹിച്ചിരിക്കുന്നു ആത്മത്വനുപകഥ സുസ്വരൂമായി ഗ്രഹിച്ചിരിക്കുന്ന നണിത് പ്രാണം സർവേശ്വരൻ പ്രാണൻ സർവേശ്വരനാണ് ആ സർവേശ്വരനായിരിക്കുന്ന പ്രാണൻ അത് ഐ മഹാമസ്മിത അതാണ് ഞാൻ എന്നവൻ ഗ്രഹിച്ചിരിക്കുന്നു ആ പ്രാണനെങ്ങനെ പ്രാണനായിട്ടുള്ള ആത്മത്വേന ഭക്ത ആത്മ സ്വരൂപത്തിൽ ഗ്രഹിച്ചിരിക്കുന്നു അത് രണ്ടു തരത്തിലും പറയും പ്രാണാത്മാവായി ഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാലും താല്പര്യം അത് എന്തുകൊണ്ട് ആ പ്രാണാത്മാവെന്ന് പറഞ്ഞാൽ എന്താണ് പ്രാണന്റെ ആത്മാവ് എന്താണ് പ്രാണന്റെ സ്വരൂപമായി തന്നെ ഗ്രഹിച്ചിരിക്കുന്നു സർവാത്മഭാവത്ത് ഗ്രഹിക്കുന്നു പ്രാണൻ ആത്മാവെന്നെല്ലാം പറയുന്നിടത്ത് അവിടെ ശബ്ദവ്യത്യാസവും അർത്ഥവ്യത്യാസമില്ല പ്രാണൻ സർവാത്മകമാണ് ആത്മാ സർവാത്മകമാണ് അതുകൊണ്ട് പ്രാണൻ ആത്മസ്വരൂപമാണ് ഇങ്ങനെ അവൻ ഗ്രഹിക്കുന്നു പ്രാണനവൻ ആത്മസ്വരൂപമായി ഗ്രഹിച്ചിരിക്കുന്നു അപ്പോൾ പ്രാണനെന്ന് സാധാരണ പറയുമ്പോൾ ആത്മാവിനെന്ന് വേറിട്ട ഒന്നാണ് ഈ ജഡത്തെയും ആത്മാവിനേയും ബന്ധിപ്പിക്കുന്ന ഒന്നാണ് അതിന്റെ സ്വരൂപത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതെന്താണ് അത് ആത്മാവ് ഇവിടെ പറയുമോ പ്രാണ ഉപാസനയിൽ പ്രാണന് പക്ഷെ പ്രാണതത്വവിചാരത്തിൽ ആത്മാവിന് പ്രാധാന്യം കൊടുക്കും അതിവിടെ പറഞ്ഞു മനനവിജ്ഞാനാഭ്യാമി സംഭവം എന്ന് പറഞ്ഞതാണ് മനനവിജ്ഞാനത്തിലൂടെ ആ ശാസ്ത്രത്തിന്റെ താല്പര്യത്തെ നിർണ്ണയിച്ചു വരുന്നുവെന്നാണ് പ്രാണൻ ആ പരമാത്മാവ് തന്നെ മറിച്ചാണെങ്കിൽ പ്രാണൻ പ്രാണന വ്യാപാരത്തോടുകൂടിയിരിക്കുന്ന പ്രാണനും വ്യാപാരത്തോടുകൂടിയിരിക്കുന്നതും നേരത്തെ പറഞ്ഞതുപോലെ സർവ്വത്തെയും നിലനിർത്തുന്നു എന്നാണ് പക്ഷെ അതിന്റെ തന്നെ സത്യയായി അതിന്റെ തന്നെ സ്വഭാവമായി അതിന്റെ ആത്മാവായിരിക്കുന്നതോ അതാണ് ഇവിടെ ഉപാസകൻ എത്തിച്ചേരുന്ന സ്ഥാനം അടുത്തതാണ് ഭൂമ എന്ന് പറഞ്ഞു പരബ്രഹ്മത്തെ നേട്ടു കാണിക്കുന്നു അപ്പം ഇവിടെ നാമത്തിൽ തുടങ്ങി ആശാന്തം വരെ പറഞ്ഞത് അത് പ്രാണാത്മകമാണ് എന്ന് പറയുന്നത് സർവ്വ അതിന്റെ താല്പര്യം അത് ആത്മസ്വരൂപം തന്നെ എന്നാണ് എന്നാണ് പറഞ്ഞു വരുന്നത് ഇവയുടെ പരസ്പര ബന്ധം എല്ലാം ഈ പ്രാണാത്മകമെന്നുള്ള ഭാവത്തിലാണ് സർവാത്മകമെന്നുള്ള ഭാവത്തിലാണ് ഇവയുടെ എല്ലാത്തിന്റെയും പരസ്പര മഹത്വം അങ്ങനെയാണ് അത് സർവാത്മകമാണ് ഇവിടെ കേവലം പ്രാണൻ എന്ന് പറയുന്നവര് ഉപാസനയിൽ കൊണ്ട് നിർത്താനാണ് മനസ്സ് പ്രാണന്റെ സർവാത്മകതയെ ബോധ്യപ്പെടുത്താനാണ് ബോധ്യപ്പെടുത്തുകയാണ് ഇവിടെ ശ്രീയുടെ താല്പര്യം അതുകൊണ്ടാണ് പറയുന്നത് എന്താണ് ഉപാസകൻ പറയുന്നത് ഒരു പക്ഷേ സാറിന് ഗുരുവനത് ദഹിച്ചിരുന്നു അതുകൊണ്ടവൻ പറഞ്ഞത് ഇനി അതിവാദിയാണ് ഷേധിക്കുന്നില്ല തൻ അതിവാ തന്നെയാണ് നിനക്ക് മനസിലാകാത്ത കാര്യം ഞാൻ പറയുന്നു പറയാം ഞാൻ ആത്മനോ അതിവാദിത്തുന്ന അബ്വനു അവനെ നിഷേധിക്കുന്നില്ല അങ്ങനെ ആരെങ്കിലും തൻ അതൊരു ആരോപണമായി നിഷേധിക്കുന്നില്ല ഇവിടെയും പറഞ്ഞു വന്നപ്പോൾ നാമത്തിൽ തുടങ്ങി ഇതുവരെ വന്നു പറഞ്ഞപ്പോ ഇവിടെ കൊണ്ടെത്തുന്ന ഇവിടെ ആ സർവാത്മഭാവത്തിലാണ് പ്രാണന്റെ സർവാത്മഭാവത്തിൽ അവിടെയാണ് എത്തിച്ചേരുന്നത് അല്ല ഓരോന്നിനെയും വേറിട്ട് പ്രത്യേകിച്ചൊരു ഫലം അതിന് പ്രാധാന്യം കൊടുക്കരുത് അത് ഓരോന്നിനും ഫലം പറഞ്ഞു വ്യാപ് ഗതം എന്നെല്ലാം പറഞ്ഞു ആത്യന്തികമായി ഇതിന്റെ ഫലം എന്ന് പറയുന്നത് അസർവാത്മഭാവമാണ് എന്നാണ് പറയുന്നത് ആത്യന്തികമായി ഉപാസനയെ കൊണ്ടെത്തിച്ചിരിക്കുന്ന അദ്വൈതത്തിലാണ് അതാണ് നമ്മുടെ ശ്രവണ മനനങ്ങളെല്ലാം പറഞ്ഞത് അപ്പോൾ പറഞ്ഞു തത്വവും ഉപാസനും ഉപാസനയിൽ നിന്ന് തത്വത്തിലേക്ക് പോവുക ഉപാസനയെന്ന് പറയുന്നത് എന്താണ് ഇതിനെല്ലാം ആധ്യാത്മികമായി പിന്തുടരുന്നതിനുള്ള ഒരു ഉപാധി മാത്രം ആധ്യാത്മികമായ ആധ്യാത്മിക ഭാവത്ത് പിന്തുടരുക എന്ന് വെച്ചാൽ മനസ്സുകൊണ്ട് ഭാവനയെന്നേ പക്ഷെ എൻ്റെ തത്വത്തെ ഗ്രഹിക്കുമ്പോൾ അത് ഉപാസകൻ തന്നെ തത്വജ്ഞാനിയായി മാറുന്നു അതുകൊണ്ടാണ് ഉപാസനക്ക് ശ്രുതിയിലും ഭാഷകാരന് ഇത്രയും വലിയ പ്രാധാന്യം കൊടുക്കുന്നു അല്ല ഉപാസന തിരസ്കരിക്കേണ്ട ഒന്നല്ല അഹം അസ്മി ത്യാത്മത്വനുപകത ആ പ്രാണനെ തന്നെ സർവസ്വരൂപമായി സർവേശ്വരനാണ് ആയി ഗ്രഹിക്കുന്നു ഇനി പറയുന്ന ഉപാസകന്റെ ആ സർവാത്മഭാവത്തെ കൈക്കൊണ്ട ഉപാസകന്റെ അധിപദനത്തെ കുറിച്ചാണ് അടുത്ത് പറയുന്നത് എന്നുവെച്ചാൽ ഉപാസകന്റെ നിലപാടെന്താണ് ഉപാസകൻ എങ്ങനെ ഇതിനെ കാണുന്നു ഉപാസകൻ ഇതിനെങ്ങനെ പറയുന്നു ഉപാസകൻ ഇതിനെങ്ങനെ വെളിപ്പെടുത്തുന്നു ഉപാസകൻ എങ്ങനെ മറ്റുള്ളവരെ ബോധിപ്പിക്കുന്നു അതിനു വേണ്ടിയിട്ടാണ് ഇനി അടുത്ത് ഭാഗങ്ങൾ പറയുന്നു